യഹോവിയെ സ്തുതിപ്പീൻ യഹോവിയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ യഹോവിയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോവിയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നുമുതൽ എന്നേക്കും തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവിയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ജാതികൾക്കും അവന്റെ മഹത്വം ആകാശത്തിനുമീതേയും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു ഈ ഹോവിയെ